പത്താമത്തെ മന്ത്രമാണ് നജികേദസ് മൂന്ന് രാത്രി യമസാധനത്തിൽ കഴിഞ്ഞു അതിന് പ്രായശിദ്ധമായിട്ട് യമദേവൻ മൂന്ന് വരങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് അനാദ്യത്തെ വരമാണ് ആവശ്യപ്പെട്ടത് ശാന്തസങ്കൽപ്പമന യഥാ സാ ഗീതമന്യു ഗൗതമോ മാഭിമൃത്യു ത്വ്രസിം മാഭിവദേ പ്രതീക ഏതും പ്രഥമം വരം വ്രണ ശാതൽ സുന യഥ സീതമന്യു ഗൗതമി മൃത്യോ ത്പ്രസിം മാ അഭിവ പ്രതീത ത്രയാണ പ്രഥമം പരം വ്രണേ ശാന്ദ്രസങ്കൽപ്പുന യഥാ സീതമന്യുതമോ മാഭിമൃ ത്സഷ്ടം മാഭിപദേ പ്രതീത ഏതും പ്രഥമം വരം വൃണി നചിത പറയുക നദികേസിനോട് മൂന്ന് വരം സ്വീകരിക്കാൻ പറഞ്ഞു അവന് മറുപടിയായിട്ട് നജികേശു പറയുന്നതാണ് പത്താമത്തെ മന്ത്രം നൽകാൻ ഇഷ്ടപ്പെടുന്നവൻ എതി ആണെങ്കിൽ എന്ത് വരാൻ ദിത്സു ദാനം ചെയ്യാൻ താല്പര്യമുള്ളവൻ ആഗ്രഹിക്കുന്നവൻ നൽകാൻ അങ്ങ് ആണെങ്കിൽ എന്താണ് ആദ്യത്തെ സങ്കൽപ്പോ യംപരം സങ്കല്പ എന്റെ പിതാവ് ശാന്തസങ്കല്പനാകണം എന്നാണ് ശാന്തസങ്കല്പറഞ്ഞോ ഉപശാന്ത സങ്കല്പ യെ ആരുടെ സങ്കല്പമാണോ ഉപശമിച്ചത് ആരെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാംപ്രതി എന്നെ കുറിച്ച് പുത്രനെ കുറിച്ചുള്ള പിതാവിന്റെ സങ്കല്പങ്ങൾ ഉത്കണ്ഠ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യമം പ്രാപ്ത കിന്നുകരി യമനെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കും അവനെന്ത് ചെയ്യും മമപുത്ര പുത്രൻ എന്താണ് ചെയ്യുന്നത് യമനെ പ്രാപിക്കുക എന്ന് വെച്ചാൽ മരണം സംഭവിക്കാന്ന് അവന് മരണമായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ കുട്ടികന്റെ മരണത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആ പിതാവിന്റെ മനസ്സ് ശാന്തമാകുക അതാണ് സശാന്ത സങ്കല്പ ഇപ്പൊ പിതാവ് അതിനെ കുറിച്ച് ആലോചിച്ച് കണ്ടപ്പെടുകയായിരിക്കും അവൻ യമനെ കാണാൻ പോയിരിക്കുകയാണ് യമനെ കണ്ടുമുട്ടുകാന്ന് മരിക്കുകയാണ് അപ്പൊ അവന് മരണം ഇത്തരത്തിൽ ആലോചിച്ച് അവൻ ശാന്തസങ്കൽപ്പുമന പ്രസന്ന ചിത്ത സന്തോഷം വരണം പ്രസന്നചിത്തനാകണം യഥാസ്യാ പ്രസന്ന ചിത്തൻ ആയിത്തീരണം അത് മാത്രമല്ല വീതമഞ്ഞു വികരോഷ കോപമില്ലാത്തവനും ആയിത്തീരണം മഞ്ഞു കോപം എന്തുകൊണ്ട് നിന്നെ ഞാൻ കാലന് കൊടുക്കും എന്ന് പറഞ്ഞ് കോപിച്ചിട്ടാണ് അപ്പൊ തന്നോട് കോപം ഉണ്ടായി നിരന്തരം ശല്യപ്പെടുത്തിയു ആ കോപം ഉണ്ടാകണം ഗോതമഹ മമ പിത മാം പ്രതി അപ്പൊ എന്നോടുള്ള കോപവും ഇല്ലാതാകണം മാ ഗോതമഹീതമന്വേഷ്യ എന്നെ കുറിച്ചുള്ള കോപം അതിന് ഇല്ലാതാകണം മൃത്യു മൃത്യു സംബോധനയാണ് കിഞ്ച മാത്രമല്ല നീ എന്നെ വിട്ടയക്കുമ്പോൾ സാധാരണഗതിയിൽ യമലോകത്തേക്ക് മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലല്ല നദീരസ പോയത് എന്ന നീന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് നമ്മുടെ പകത്ത് പോയാൽ ആരും വിട്ടയക്കാത്ത കാരണം കേസ് പറയുന്ന എന്താണ് നീ എന്നെ തിരിച്ചുവിടും പോകുന്നു തുടക്കത്തിൽ തന്നെ പറയുകയാണ് പ്രസിഷ്ടം പ്രേക്ഷിതം ഗൃഹം പ്രതി വീട്ടിലേക്ക് അയക്കുമ്പോൾ അവിടെ പോകുന്നത് തിരിച്ചു വരാം എന്നുള്ള ഉറപ്പോടുകൂടിയാ പോകുന്നത് അവിടെ മരണത്തിന്റെ വഴിയിലൂടെ അല്ല പോയത് അതുകൊണ്ടാണ് പറയുന്നത് മരിച്ച പോവുകയാണെങ്കിൽ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ നീ എന്നെ തിരിച്ച് ഗ്രഹം വീട്ടിലേക്ക് തിരിച്ചുവിടുമ്പോൾ എന്നുവച്ചാ നിന്റെ അനുവാദത്തോടു കൂടി ഞാൻ മടങ്ങിപ്പോകുമ്പോൾ മാതസ്മൃതി എന്നെ തിരിച്ചറിയണം ഞാൻ വന്ന രൂപത്തിൽ തന്നെ തിരിച്ചു പോകണമെന്ന് അവിടെ നിന്ന് നരക യമന്റെ അധീനത്തിലുള്ള നരകലോകമാണ് അവിടെ പോകുന്നവര് തിരിച്ചതേ രൂപത്തിൽ പോകാറില്ല പിന്നീട് അവന്റെ കർമ്മമനുസരിച്ച് മറ്റൊരു ജന്മം നേടിയാണ് തിരിച്ചു പോകുന്നത് അപ്പോ വേറെ ശരീരം സ്വീകരിച്ചായിരിക്കും പോകുന്നത് നജീവേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പറയുന്നു എന്താണ് ലബ്ധസ്മൃതി സയവ അയം പുത്രോ മമാഗത എന്റെ പുത്രൻ പോയവൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാ പോയ ശരീരത്തോടു കൂടി തിരിച്ചെത്തണം സയവ അയം പുത്രോ മമാഗത ഇതന്നെയാണ് എന്റെ പുത്രൻ തിരിച്ചു വന്നിരിക്കുന്നു പ്രത്യഹിതൻ യമലോകത്തിൽ ചെന്നു കഴിഞ്ഞാലും മരണത്തെ ഒഴിവാക്കണം ഉള്ള കാര് ഇവിടെ വാങ്ങുന്നത് ഞാൻ ഇവിടെ വന്നതുപോലെ പഴയ ശരീരത്തോടുകൂടി തന്നെ തിരിച്ച് അവിടെ എത്തണം അല്ലെങ്കിൽ എന്താണ് മരിച്ചുപോയി പ്രേതമാണ് മടങ്ങി വന്നിരിക്കുന്നത് പിതാവ് ഭയക്കും മറ്റുള്ളവരും ഭയക്കും അപ്പൊ പ്രേതരൂപിയായി തിരിച്ചു ചെല്ലരുത് മറിച്ച് നജീതായിട്ട് തന്നെ തിരിച്ചു വരണം പ്രത്യഭിതാനൻ തിരിച്ചറിയണം ഇതാണ് ആദ്യത്തെ ഞാൻ യമനോകത്തിൽ വന്നെങ്കിലും എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല മറിച്ച് പഴയ ശരീരത്തോടു കൂടി തന്നെ ഞാൻ അവിടെ തിരിച്ചെത്തണം പിതാവ് ആദ്യം തന്നെ ആവശ്യപ്പെടുന്ന എന്താണ് പിതാവിന്റെ മനഃശാന്തിയാണ് പിതാവിനെ എന്നോട്ടുള്ള കോപം ഇല്ലാതാകണം പിന്നെ എന്നെ തിരിച്ചറിയണം എന്ന് വെച്ചാൽ എന്റെ ശരീരനാശം സംഭവിക്കരുത് ്രയോജനം ഇതാണ് മൂന്ന് വരങ്ങളിൽ ഒന്നാമത്തെ വരം പിതാവിന്റെ പരിതോഷണം പരിതൃഷ്ടി സന്തോഷം എല്ലാ തരത്തിലും ഉള്ള പിതാവിന്റെ സന്തോഷം പുത്രനോടുള്ള കോപം ഇല്ലാതാകുക പുത്രനെ കുറിച്ചുള്ള ഉത്കണ്ഠകരെല്ലാം അവസാനിക്കുക എല്ലാറ്റിനും ഉപരി പുത്രൻ മരിച്ചില്ല എന്ന സാധനത്തിൽ പോയിട്ടും മരിച്ചില്ല എന്നറിയുന്നതിനുള്ള സന്തോഷം അങ്ങനെ പരിദോഷം ആ പരിതോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉത്തമനായ പുത്രന്റെ ധർമ്മം അതിനെ വെളിപ്പെടുത്തുകയാണ് അവിടെ വേണ്ടിയുള്ള മരങ്ങളൊന്നും ആദ്യം ആത്മവിദ്യയെ കുറിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചിട്ട് ആദ്യം പിതാവിന്റെ സന്തോഷം ആവശ്യപ്പെട്ട് ആ പിതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പുത്രൻ നരകത്തിലേക്ക് പോകാൻ തയ്യാറായത് അതാണ് നേരത്തെ പറഞ്ഞത് ബഹുവിനാമേ പ്രഥമഹ ഞാൻ പുത്രന്മാര് ഒന്നാമനായിരിക്കും എന്ന് പറഞ്ഞതും നദീസന്റെ ഈ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ വരം പിതാവിന്റെ സന്തോഷമാണ് അതിന് അടുത്ത് യമദേവന്റെ മറുപടിയാണ് അടുത്ത മന്ത്രത്തിലുള്ളത് മൃത്യോ അല്ലയോ യമദേവ ഗോതമ ഗോതമൻ മാ അഭി എന്നെക്കുറിച്ച് ശാന്തസങ്കൽപ്പ സങ്കല്പങ്ങളെല്ലാം സമീപനാകണം സന്തോഷമുള്ളവനായിത്തീരുന്നു ഗീതമന്യു യഥാ സാദ് കോപമുണ്ടാകവനായിത്തീരുന്നുവത്പ്രസിഷ്ടം നീ എന്നെ തിരിച്ചയക്കുമ്പോൾ മാ പ്രതീത അധിപതി എന്നെ തിരിച്ചറിയണം ഇതാണ് പ്രഥമം വരം പ്രണയം മൂന്ന് വരങ്ങളിൽ പ്രഥമം വരം ആദ്യത്തെ വരമായി പ്രണയം ഞാൻ അങ്ങയിൽ നിന്നും ആവശ്യപ്പെടുന്നത് സ്വീകരിക്കുന്നത് അതിന് ഉമ്മതിന്റെ മറുപടിയാണ് ഉള്ളത് യഥാ പുരസ്താ പ്രതീതാനകിരാരുണ മതിഷ്ട സുഖം രാത്രൈ സിതമന് ദൃശിവാ മൃത്യുമുഖാ പ്രമുക് യഥസ്വിതീത പ്രതീത ഔദ്ദാനീ ഔദ്ദാലുണി മസ്ട സുഖം രാത്രി ശയിത വീതമന്യു ഷിവാൻ മൃത്യുമുഖാ പ്രമുക് ഔദന പ്രസ്ടുഖ രാത്രി ശൈതാവീതമന്യു ദൃശ്യൻ മൃത്യു മുഖാ മൃത്യുരുവാദേവൻ പരഞ്ഞു यथा बुद्धि तोय पुरस्ता पूरोमासी इद स्नेह समनिदा इदहु तव भविदा प्रईदि समनिदह तव पिता यधेव प्रदीदह प्रदीदवंशन यथा बुद्धि तोय पुरस्ता पूरोमासी पुरस्ताद पूरो യഥാ പുരസ്താ പുരസ്താദിന്റെ അർത്ഥമാണ് പറഞ്ഞത് പൂർവം യഥാ എങ്ങനെയാണോ എന്നെ കുറിച്ച് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് നിന്റെ പിതാവിന്റെ സങ്കല്പം കാശപ്പാട് എന്നെ കുറിച്ചുള്ള സങ്കല്പം നിന്റെ അതിന് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് എങ്ങനെ സ്നേഹസമന്തി സ്നേഹസമന്തമായ ബുദ്ധിയാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത് തവ പിതും നിന്റെ അച്ഛന് ഭവിത അതങ്ങനെ തന്നെ ഭവിക്കട്ടെ പ്രീതി സമന്വ പ്രീതി സമന്വതമായിരിക്കട്ടെ പ്രതീത പ്രതീതവാൻസം അതുപോലെ തന്നെ ആയിരിക്കട്ടെ നിന്നെ തിരിച്ചറിഞ്ഞ് നിന്നോട് പഴയതുപോലെയുള്ള ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് തഥൈവ പ്രതീത നേരത്തെ പറഞ്ഞു പ്രതീതഭവത െ തിരിച്ചറിഞ്ഞ് പെരുമാറണം അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നീ ചെല്ലുമ്പോ നിന്നെ തിരിച്ചറിഞ്ഞ് പെരുമാറണം എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു ചെല്ലുന്നത് പ്രേതമായിട്ടായിരിക്കില്ല വന്നതുപോലെ തന്നെ പുത്രനായിട്ട് തന്നെ തിരിച്ചു ചെല്ലും ഇവിടെ നജീദേശന്റെ അച്ഛന് മറ്റൊരു പേര് പറയുകയാണ് ഔദ്ദാലകിന്ന് ഔദ്ദാലകൻ എന്ന് നേരത്തെ ഒരു പേര് പറഞ്ഞിരുന്നു ഔദ്ദാലകൻ എന്ന് പറയുന്നതിന് പകരം ഔദ്ദാലകി എന്നും പറയാറുണ്ട് ഉദ്ദാലകൻ ഔദാലകിന്ന് പറയുന്നത് ഔദാലകൻ എന്നുള്ളതുപോലെ തന്നെ ഔദാലകി എന്നൊരു പേര് ഉണ്ടായിരുന്നു നജീദേശന്റെ അച്ഛൻ അരുണശ്രീ അപത്യം ആരുണി മറ്റൊരു പേര് പറയുന്ന ആരുണി എന്നും ഒരു പേരുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് പേര് വന്നത് സാധാരണ ഉദ്ദാലവി എന്ന് പറയുന്ന അതിന്റെ അർത്ഥം ഉദ്ദാലകന്റെ പുത്രനാണ് ആരുണി എന്ന് പറഞ്ഞാൽ അരുണന്റെ പുത്രൻ എന്നാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം എന്തുകൊണ്ടങ്ങനെ രണ്ട് പേര് വരുന്നു ഉദ്ദാലകൻ എന്ന് പറയുമ്പോൾ മറ്റൊരാള് അരുണൻ എന്ന് പറയുമ്പോൾ മറ്റൊരാള് പുത്രനായാലേ ഔദ്ധാരകിന്നും ആയുണീന്നും ഒരാൾക്ക് രണ്ടു പേര് വരാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് ഇയാൾ രണ്ട് പേരുടെ പുത്രനാകാം അതുകൊണ്ട് ഇങ്ങനെ രണ്ട് പേര് വന്നതാകാം എന്ന് പറയാം അതുകൊണ്ട് ഒരു വ്യക്തിക്ക് രണ്ടു പേര് രണ്ട് വിഭിന്ന പേര് ഒന്ന് ഔദ്ധാരകിന്നും മറ്റൊന്ന് ആരുടെ ഇന്ന് രണ്ടുപേരെന്നുകൊണ്ട് വന്നു ദി അമുഷ്യായ വ്യക്തികളുടെ സന്താനം ആമുഷ്യായന വ്യക്തികളുടെ ഒരു വ്യക്തിയുടെ സന്താനം എന്നാണ് അമുഷ്യപത്യ ഒരു വ്യക്തിയുടെ സന്താനം അതാണ് ആമുഷ്യായൻ പറഞ്ഞത് ദി അമുഷ്യൻ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ സന്താനം അങ്ങനെ ഒരാളെന്ന് രണ്ടുപേരുടെ സന്താനം ദി ആമുഷ്യായനൻ ആമുഷ്യായനെന്ന് പറഞ്ഞ ശബ്ദം അവമനുസരിച്ച് തന്റെ വിപത്തി പറയുമ്പോ ഒരു പുത്രൻ എന്ന് പറയുമ്പോ ഒരു പിതാവിൽ നിന്നുണ്ടാകുന്ന പുത്രൻ അതുകൂടാതെ പഴയ നിയമം അനുസരിച്ച് ഒരു ഒരാൾക്ക് കന്യാദാൻ വാഗ്ദാനം ചെയ്ത് എന്റെ കന്യകയെ നിനക്ക് വാഗം തരാം എന്ന് പറഞ്ഞതിന് ശേഷം ആ കന്നികയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചോളൂ അപ്പൊ അതിൽ ആദ്യം ഒത്തിരി ആൾ കഴിച്ചില്ലെങ്കിലും കന്യാദാനം അവിടെ നടത്തി അയാളുടെ പുത്രനായിട്ട് വേള കണക്കാറ് അപ്പൊ ഒരു രണ്ട് പിതാവും അങ്ങനെ അങ്ങനെ വരുന്ന വിദ്യാമുഷ്യായാണ് എന്ന് പറയാം അപ്പൊ ആദ്യം നേരത്തെ കന്യാദാനം നടത്തി പക്ഷേ വിവാഹം നടത്തി കൊടുത്തിട്ട് ആദ്യം പ്രതിജ്ഞ ചെയ്തു രണ്ടാമത് വിവാഹം നടത്തി എന്തായാലും അതിൽ ജനിക്കുന്ന പുത്രനും ആദ്യത്തെ ആളെയും പിതാവായി കണക്കാക്കും ഇങ്ങനെ അയാളെ രണ്ടുപേരിൽ പറയാം അങ്ങനെ വന്നതാകാം ഔദ്ദാലി അല്ലെങ്കിൽ ആരണി എന്നുള്ള രണ്ടു പേരുകൾ ഭാവിക്ക് രണ്ട് പിതാവുണ്ടെന്ന് പറയാം പാസവത്തിലൊരു പിതാവേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ടാകാം ഇങ്ങനെ രണ്ടു പേര് വന്നത് എന്ന് പഴയ അന്നത്തെ ആചാരം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനാക്കൾ പറയുന്നുണ്ട് അങ്ങനെ വരാം എന്ന് അതെന്തായാലും ഇവിടെ രണ്ടുപേരുണ്ട് നജീയസന്റെ അച്ഛന് പറയുന്നു രണ്ട് പേരുണ്ട് ഔദാലകി അനുക ആരുണി നിന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് പഴയതുപോലെ നിന്നോട് സന്തുഷ്ടനായിരിക്കും മത് പ്രസിഡ മയ അനുജ്ഞാതസ്സൻ ഞാൻ നിന്നെ തിരിച്ചുവിടുമ്പോ ഞാൻ നിന്നെ യാത്രയക്കുമ്പോൾ ഇവിടെ നിന്ന് അത് സുഖം രാത്രി ഉത്തര